മനസ്സല്പസ്വൽപ്പം വലസിയാൽ പോലും അയാളെ സ്പർശിക്കുന്നില്ല അയാൾ നിശ്ചലതയിൽ സ്ഥിതനായതുകൊണ്ട് നിശ്ചലതത്വേ ജീവൻ മുക്തിഹി ശരീരം പുറന്തുകൊണ്ട് അതേപോലെ ഉള്ളപ്പോ തന്നെ അകമേക്ക് വിമുക്തനാണ് സ്വതന്ത്രനാണ് നിശ്ചലതത്വേ ജീവൻമുക്തിഹി അപ്പൊ സത്സംഗത്തിന്റെ ഒക്കെ പ്രയോജനം സത്സംഗം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു പ്രയോജനവുമാണ് ജീവൻമുക്തി ബാക്കിയുള്ളതിലൊക്കെ നിങ്ങളെ കൊണ്ടിപ്പോ വേദാന്ത വിചാരം സ്വതന്ത്രമായി ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റണില്ലാന്ന് പറയും അല്ലെ രാമൻ ജപിക്കാൻ പറഞ്ഞാൽ അതും പറ്റണില്ലാന്ന് പറയും ധ്യാനിക്കാൻ പറഞ്ഞാൽ പറ്റണില്ലാന്ന് പറയും സത്സംഗത്തിൽ വന്ന് ഇരിക്കെങ്കിലും ചെയ്യാലോ സത്സംഗത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു സീക്രട്ട് ബാക്കിയുള്ളതിലൊക്കെ കർത്തൃത്വം വരും കർത്തൃത്വം ഈ കർത്തൃത്വ നാശമാണ് ഞാനമേ സാക്ഷാത്കാരം ഈ സത്സംഗത്തിന് ഇത്രയധികം വാഴ്ത്തുന്നത് അർത്ഥവാദമല്ല സത്സ പ്രഭാഷണത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ സത്സംഗം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പ്രഭാഷണമേ അല്ല ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഈ ആളുകൾ കൂടുതൽ പ്രഭാഷണത്തിന് വരുത്താനുള്ള വഴിയായിട്ടല്ല ഈ സത്സംഗം എന്ന് പറഞ്ഞത് സത്സംഗം ജ്ഞാനികളുടെ സമ്പർക്കം മഹാത്മാക്കളുടെ സമ്പർക്കം എവിടെ ബ്രഹ്മവിദ്യ കേൾക്കപ്പെടുന്നുവോ അത് സത്സംഗം എവിടെ ആത്മധ്യാനം ചെയ്യപ്പെടുന്നുവോ അത് സത്സംഗം എവിടെ മനസ്സ് പരമപരിശുദ്ധമാവുന്നുവോ അത് സത്സംഗം അതാണ് സത്സംഗം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോ സത്സംഗത്തിന്റെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാ സാധനങ്ങളിലും കർതൃത്വമാണ് പൂജ ചെയ്താൽ ഞാൻ എന്നെ പോലെ ഇത്രയും നേരം പൂജ ചെയ്ത ആളാരും ഇല്ല എന്ന് തോന്നുന്നു വേദം പഠിച്ചാൽ പഠിക്കാത്തവരെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അജ്ഞാനികൾ എന്നെ പോലെ പഠിച്ചവരാരുണ്ടെന്ന് തോന്നി അല്പസ്വല്പം ഭാഗവതം പഠിച്ച് പാരായണം ചെയ്യാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ അബദ്ധ പഞ്ചാംഗമാണെങ്കിൽ പോലും ഞങ്ങൾ പാരായണം ചെയ്യണവരാണോന്ന് തോന്നി പ്രഭാഷണം ചെയ്യാമെന്ന് തോന്നി പുറപ്പെട്ടാലും വലിയ ആചാര്യനാണോന്ന് തോന്നി ശരി ഒന്നും വേണ്ട നമ്മളേതോ നാമം ജപിച്ചുകൊണ്ട് ഒരിടത്ത് എന്ന് പറഞ്ഞാൽ നാമജപം മാത്രമേ വഴിയുള്ളൂട്ടോ അഹങ്കാരമാണ് ഈ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് അത് ഭക്തിയാണെന്നാണ് വിചാരിക്കണത് വേറെ ഒന്നും വഴിയില്ല നാമജപം ചെയ്യണം പറയണത് ആരാ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കാര്യം വേറെ ഒന്നുമല്ല എത്ര ജപവാ ഞാൻ ചെയ്യണത് തോന്നിപ്പോകും അപ്പൊ ഇതിലൊക്കെ ഈ കർത്താവ് ഉണ്ട് കർത്താവ് ഒഴിഞ്ഞുകിടക്കണം ഒരു കർത്തൃത്വ ദൂഷ്യം വരാത്ത ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ സത്യങ്ക് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും ഒക്കെ ഒരു ഓരം ചേർന്നിരിക്കുക അമോഖ അതിലങ്ങനെ ഇരിക്കുമ്പോ നമ്മളുടെ കറത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ വെറുതെ അവിടെ അവിടെ ഇരിക്കുന്നു അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എണീറ്റ് പോവുകയും ചെയ്യാം സ്വാതന്ത്ര്യമുണ്ട് ഉറക്കം എന്നാൽ ഉറങ്ങാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ട് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു അനുഭൂതി ശാന്തിയും ഉണ്ടാവും അത് കഴിഞ്ഞ് അനന്തമായിട്ട് എണീറ്റ് പോവാം അങ്ങനെ സത്സംഗത്തിൽ ഇരുന്ന് നമ്മളെ പ്രവർത്തിക്കാതെ ഒരു ധ്യാനം സത്സംഗത്തില് നമ്മൾ വിഷമിക്കാതെ ഒരു ധ്യാനം അറ്റേത് ധ്യാനിക്കാൻ എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ ധ്യാനിക്കണു എന്നുള്ള ഒരു വിചാരം തന്നെ ധ്യാനത്തിന് മുഖ്യ തടസ്സമായിട്ട് നിൽക്കും ശ്രദ്ധ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ധ്യാനിക്കണു ഇത്ര നേരം ധ്യാനിക്കണം റിസ്റ്റ് വാച്ച് മുമ്പിൽ വെച്ചിട്ട് അഞ്ചഞ്ച് മിനിറ്റ് ആവുമ്പോ നോക്കും എന്തു ചെയ്യാൻ പറ്റും സമയം ഓടണേ ഇല്ലാന്ന് തോന്നും നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇരുപത്തി അഞ്ചു മിനിറ്റ് ധ്യാനിക്കണം എന്ന് വെച്ചാൽ അഞ്ചഞ്ച് മിനിറ്റ് നോക്കി സമയം ഓടണില്ല അവസാനം വാച്ചിനെ തിരിച്ചു വെച്ച ഉള്ളില് രസാനുഭവം ഉണ്ടാവുകയാണെങ്കിൽ സമയം പോണതേ അറിയില്ല അപ്പൊ സത്സംഗത്തില് നമ്മളെ അറിയാതെ സമയം പോണമെങ്കിൽ അനുഭൂതി രുചി ഉണ്ടാവണം പറയുടപാൽ നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം ആണ്ടൊരു അല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൂറ്റി ആയിരം ആണ്ടുപോലെ തോന്നും അറിവ് ജഡത്തിന്റെ പിടിയിൽ പെടുമ്പോ സമയം ബോർഡ് ബോറടിക്ക സത്തിനോട് ചാർന്ന് നിൽക്കുമ്പോ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോ സമയം കൊണ്ടത് അറിയില്ല സത്സംഗത്തിൽ നമ്മൾ പ്രവർത്തിക്കാതെ നമ്മൾ പരിശ്രമിക്കാതെ നമ്മൾ ഒരു ഓരം ചേർന്ന് ഇരുന്ന് ഭഗവത് കഥകള് ബ്രഹ്മവിദ്യ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് ആത്മവിദ്യ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് രുചിക്കുമ്പോ മനസ്സ് പതുക്കെ പതുക്കെ നിശ്ചലം ചിത്തവൃത്തികൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് സ്വരൂപസ്ഥിതമാകുമ്പോ നമ്മൾ പ്ര പ്രവർത്തിക്കാതെയാണ് ഒന്നും ചെയ്യുന്നില്ല യാതൊന്നും ചെയ്യുന്നില്ല മഹാത്മാക്കൾ ഭാഗവതത്തിൽ നാരദ മഹർഷി തന്നെ തന്റെ കഥ പറയുമ്പോ തനിക്ക് ഭക്തി എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോ സാധുക്കളുടെ സംഘത്തിൽ അവിടെ അവിടെ ഇരുന്നു സത്സംഗത്തിൽ ഇരുന്നു തന്നെ അറിയാതെ അവിടെ കേട്ട് കൃഷ്ണകഥാഹ പ്രകായതാം അശൃണവം അതിങ്ങനെ കേട്ടു എന്നാണ് കേട്ട് കേട്ട് കേട്ട് അസ്ഖലിതാമതിർമ്മ ബുദ്ധി ചലിക്കാതെ ഭഗവത് സ്വരൂപത്തിൽ നിന്നു ബുദ്ധി ചലിക്കാതെ നിന്നു ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചലിക്കാതെ നിന്നാൽ സമാധിസ്ഥിതി സത്യം സ്വയമേ പ്രകാശിത് യഥാഞ്ചാവതിഷ്ഠന് മനസാ സഹ ബുദ്ധിക്ഷണ വിചേഷ്ടത്തെ താമാഹു പരമാം ഗതി ഉപനിഷത്ത് പറയുന്നു അഞ്ചിന്ദ്രിയങ്ങളും ചലിക്കാതെ ുദ്ധിയും അതിന്റെ ചേഷ്ടകളൊക്കെ വിട്ട് മനസ്സും ചേഷ്ടകൾ വിട്ട് അടങ്ങിയാൽ പരമാംഗതി പരമമായ ഗതി അവഗതി നമ്മളുടെ ഉള്ളിലുള്ള ബോധം തന്നെ ജടത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമായി സ്വതന്ത്രമായി സത്സംഗത്തിൽ വരുമ്പോ നമ്മളുടെ മനസ്സ് പാല് പോലെ അതില് വെണ്ണമുണ്ട് അല്ലേ പാലില് വെണ്ണമുണ്ട് പക്ഷെ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടില്ല സത്സംഗത്തിൽ വന്നിരിക്കുമ്പോ എന്താവും അനുഭൂതിയിൽ നിന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ അനുഭവസ്ഥന്മാരുടെ സന്നിധി നമ്മള് പറയുന്ന ആളുടെ അനുഭൂതി പോലും വേണമെന്നില്ല അടുത്താരെങ്കിലുമൊക്കെ വന്ന് മഹാത്മാക്കളെ ഇരുന്നാൽ മതി ആ സന്നിധി നമ്മളുടെ ഉള്ളില് ദീക്ഷാബീജത്തിനെ ഇടും ദീക്ഷാബീജം പാലില് ഒറവൊഴിക്കുന്ന പോലെ ആ ഒറവീണ് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞുപോയി അതാണ് സത്സംഗത്വ നിസ്സംഗത്വം പിന്നീട് വീട്ടില് ലഹള കൂടി ബഹളം കൂടി ചണ്ട കൂടി നിൽക്കുന്ന ആള് സത്സംഗത്തിൽ വന്നു കുറച്ചു ദിവസം ഇങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോ അവിടെ എന്ത് തല്ലുകൂടിയാലും ചണ്ട ഇണ്ടാതിരിക്കും എന്താന്ന് വെച്ചാൽ നിസ്സംഗത്വം ഒരു സ്ത്രീ പറഞ്ഞു എന്താ മാമാ കൊഞ്ഞനാളാ കഥയൊക്കെ പോയിണ്ടിന്താ അത് എങ്ങ പോട്ട് അത് അപ്പം നാ എന്ന കത്തിനാലും പേശാമ കണ്ടിരിക്കും സണ്ടെ പോട ഒരു രുചി സത്സംഗത്തുക്ക് പോക പോക പോക എന്നെടുത്ത് ഭൂതവും മാമ തൂണ് പോലെ ആയിട്ട് അസങ്ങാ ആയിട്ട് തുമ്പ വരുന്നത് അവിടെ ഒന്നും വേശിക്കണില്ലാന്നർത്ഥം സ്പർശിക്കണില്ല സത്സംഗത്വേ നിസ്സംഗത്വം സത്സംഗത്തിലെത്തി എത്തി കഴിഞ്ഞപ്പോ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളില് ഹൃദയതീർത്ഥത്തിലെ രുചി ഉണ്ടായി ഹൃദയതീർത്ഥത്തില് വെള്ളം കുടിച്ചാൽ ചാലുവെള്ളം കുടിക്കോ പിന്നെ ഹൃദയതീർത്ഥത്തില് വെള്ളം കുടിച്ചാൽ വാനസ സരസില് ഇരിക്കുന്ന ഹംസങ്ങള് ചളി വെള്ളം കുടിക്കോ ഭഗവത് ധ്യാനത്തിന്റെ രുചി കിട്ടിക്കഴിഞ്ഞാല് പുറമേക്കുള്ള ധ്യാന പുറമേക്കുള്ള വിഷയസുഖങ്ങളുള്ള രുചി വിട്ടുപോയി ശമ്പുധ്യാന സരോവരം വ്രജ മനോഹംസാവതംസ സ്ഥിരം ക്ഷുദ്രാശ്രയ പല്ലവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്തിസി ആനന്ദാമൃതപൂരിതാലോദ്യതാം സ്ഥൈര്യോപഗ്നമുപേ ഭക്തിലതികാര്യസ്വാമികൾ ശിവാനന്ദലഹരിയിൽ പറയാണ് മനസ്സേ ശംഭുധ്യാന സരോവരംസാവംസ മനസാകുന്ന അരയണ്ണത്തിനോട് പറയാണ് ഹംസമേ ശിവധ്യാനത്തിൽ ചെന്നിരിക്കാനാണ് ശിവധ്യാനം എന്താ ആത്മധ്യാനം ശവത്തിനെ മറന്നാൽ ഉള്ളത് ശിവം ശിവം പുതിയതായിട്ടൊന്നും കൊണ്ടുവരണ്ട ആ ശിവനെ എവിടുന്നു അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ സ്വരൂപമേ ശിവമാണ് ശവത്തിനെ ഞാനല്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയാൽ ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല എന്ന് തള്ളിക്കഴിയും തള്ളിക്കളഞ്ഞു കഴിയുമ്പോ അവശേഷിക്കുന്നത് എന്തോ അത് ശിവം ആ ശിവധ്യാനത്തിൽ രുചിച്ച മനസ്സിന് പിന്നെ ശവധ്യാനം വിട്ടുപോകും പതുക്കെ പതുക്കെ ശവധ്യാനത്തിനെ വിട്ടിട്ട് ശിവധ്യാനത്തിലേക്ക് വരാൻ പറ്റില്ല അസത്തിനെ ബുദ്ധി കൊണ്ട് നീക്കിയിട്ട് സത്തിലേക്ക് വരാൻ സാധ്യമല്ല സത്തിന്റെ രുചി കിട്ടിയാലേ അസത്തിനെ വിടാൻ ഒക്കെ എഴുതും അപ്പൊ സത്തിന് അപ്പൊ നമ്മൾ ചോദിക്കും അസത്തിന്റെ പിടി സത്തിന്റെ അടുത്ത് പോകാനും പറ്റില്ല സത്തിനെ രുചിച്ചിട്ടില്ലെങ്കിൽ അസത്തിനെ വിടാനും പറ്റില്ല അപ്പൊ എന്തു ചെയ്യും ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധി ബുദ്ധിക്ക് ഇറ്റ് കാൻ ക്രിയേറ്റ് ഓൺലി കോൺട്രഡിക്ഷൻസ് എക്സിസ്റ്റ് കോൺട്രഡിക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ബുദ്ധി കോൺട്രഡിക്ഷൻ ഉണ്ടാക്കും ഈ ചോദ്യം വരും സത്തിനെ കണ്ടാലേ അസത്ത് വിട്ടുപോകുള്ളൂ അസത്തിനെ വിട്ടാലേ സത്തിലേക്ക് വരാൻ എങ്ങനെ മനസ്സിലാവും ഒരു കാര്യം ചെയ്യും ഇവിടെ വന്ന് കുറച്ച് ദിവസം നമ്മൾ പറഞ്ഞുതരാം ബുദ്ധൻ ബുദ്ധന്റെ അടുത്ത് വന്നു ഒരാളെ ഒരു സംശയം ചോദിച്ചു അത്രേ എന്തോ സംശയം ചോദിച്ചപ്പോ ബുദ്ധൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ എന്റെ കൂടെ ഒരു വർഷം ഇരിക്കൂ എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം ശരി എന്ന് പറഞ്ഞു കൂടിയപ്പോ അടുത്തു നിൽക്കണ ഒരു ശിഷ്യം പറഞ്ഞു അത്രേ നിങ്ങൾക്ക് വല്ലതും ചോദിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ ഒരു വർഷം കഴിഞ്ഞ് ചോദിക്കാന്ന് വെച്ചാൽ നടക്കില്ല തന്നെ പോലെ വന്നവനാണ് ഞാനും ഇനിയും ചോദിച്ചിട്ടില്ല ചോദ്യം നോക്ക് ഉള്ളിലെ അസ്തമിച്ച് ശവിച്ചു പോകും മനസ്സ് നിന്നാലല്ലേ ചോദ്യമുള്ളൂ അഹങ്കാരം നിന്നാലല്ലേ ചോദ്യമുള്ളൂ ചിത്തവൃത്തികൾ ഉണ്ടെങ്കിലല്ലേ ചോദ്യമുള്ളു ആൾ ഡൗൺ സീസ് ടു എക്സിസ്റ്റ് മനസ്സടങ്ങി കഴിഞ്ഞാൽ ചിത്തവൃത്തികൾ എന്ത് സംശയം എന്ത് ചാബല്യം എന്ത് ദുഃഖം എന്ത് വൈഷമ്യം അപ്പോ സത്സംഗത്തിൽ നമ്മൾ കയറുമ്പോ സത്തിന്റെ രുചിയുണ്ടാവും എങ്ങനെ അസത്ത് നീങ്ങിയത് അസത്തിനെ എങ്ങനെ നീങ്ങി അസത്തിനെ ഓർക്കാതെ ഇരുന്നു അതാണ് നമ്മള് കൃപ എന്ന് പറയുന്നത് കൃപ കൃപ കൊണ്ട് സത്സംഗത്തിൽ ഇരിക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാവാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ രുചിച്ചു തുടങ്ങും പഴത്തിന് ശേഷം പൂവ് പൂക്കുക അങ്ങനൊരു സമ്പ്രദായം ഉണ്ട് പൂത്തിട്ട് പഴുക്കുക പൂത്തിട്ട് കാക്കുകയല്ല ചിലതൊക്കെ കാച്ചിട്ട് പൂക്കും സത്സംഗത്തിൽ ഇരിക്കുമ്പോ ആദ്യം കാച്ചു പഴുക്കും അതായത് നമുക്ക് അനുഭവത്തിന് യോഗ്യമല്ലാത്ത വസ്തു അനുഭവത്തിന് വരും എന്നിട്ട് പിന്നെ മനസ്സിലാക്കും അനുഭവിച്ചിട്ട് അല്പാനുഭവം പൂർണാനുഭവം അല്ല അല്പം അനുഭവിക്കും അല്പം അനുഭവിച്ചിട്ട് അതിനുശേഷം അല്പഅല്പല്പമായിട്ട് ചിന്തിച്ചു തുടങ്ങും എന്താ ഈ അനുഭവിച്ചത് ദേഹമല്ലാത്ത ഒരു സ്ഥിതി അനുഭവിച്ചുവല്ലോ ശരീരമല്ലാത്ത ഒരു സ്ഥിതി അപ്പൊ എനിക്കുണ്ട് ശരീരത്തിനെ മാത്രം വിശ്വസിച്ച് ദേഹത്തിന്റെ സ്ഥിതിയിൽ തന്നെ ഇരുനെയും ആംസഭണ്ഡത്തിനെയും തൂക്കിക്കൊണ്ട് എത്ര കാലമായിട്ട് അലഞ്ഞു സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ സത്തിന്റെ ഒരു ടേസ്റ്റ് രുചി കിട്ടിത്തടങ്ങി അപ്പൊ എന്താവുന്നു നിസ്സംഗത്വം ലോകകാര്യങ്ങളിലും ലൗകിക വിഷയങ്ങളിലും സംസാര വിഷയങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിസ്സംഗമായി പാല് തൈരായിട്ട് മാറി ഇനി എന്ത് വേണം പ്രവർത്തിക്കാൻ സ്വയം പ്രയത്നിക്കാൻ അല്ലെ തൈരിനെ വീട്ടിൽ കൊണ്ടുചെന്ന് തനിയിരുന്ന് കടഞ്ഞാൽ വെണ്ണ കിട്ടും ആ വെണ്ണയെ കൃഷ്ണൻ മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നുവെച്ചാലോ ഹൃദയത്തിൽ അനുഭൂതി ഉണ്ടായാൽ അനുഭവത്തിന് യോഗ്യമായ വസ്തു ഉള്ളിലും പ്രവേശിക്കുന്നു അതവിടെ ഇരിക്കട്ടെ അപ്പോ നിസംഗത്വം വെണ്ണ പിരിയുന്ന പോലെ തൈര് പിരിയുന്ന പോലെ പിരിഞ്ഞുകൊള്ളൂ ശരീരം വേറെ ഞാൻ വേറെ ലോകകാര്യങ്ങളിലൊക്കെ നിസ്സംഗമാവും സത്സംഗത്തിൽ ഇരുന്നു കൊണ്ടേ സാധ്യമാവൂ അല്ലാതെ എല്ലാവരും നിസ്സംഗമായിട്ട് ഇരിക്കണം എന്ന് പുസ്തകം വായിച്ചിട്ട് കഴിയുമില്ല സത്സംഗത്തിൽ നമ്മൾ രുചിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പതുക്കെ ബഹവൈഹ വിഹംഗാഹ ഭിക്ഷുശരിയാതങ്കി ഭ്രമരഗീതത്തില് ഗോപസ്ത്രീകൾ പറയുന്നു ഭാഗവതത്തില് സപതി ഗൃഹ കുടുംബം ദീന മുത്സൃജ്യ ദീനാ ബഹബ വിഹംഗാ ഭിക്ഷുചവ്യം ചരന്തി ഈ കൃഷ്ണകഥ കേൾക്കാനേ പാടില്ല രോഗ സ്ത്രീകളുടെ അഭിപ്രായം സത്സംഗത്തിൽ വരാൻ പാടില്ല നിന്ദാസ്തുതിയാണ് നിന്ദാസ്തുതി എന്ന് വെച്ചാൽ നിന്ദിക്കുന്ന പോലെ തോന്നും പക്ഷെ സ്തുതി കേട്ടാൽ നിന്ദയാണെന്ന് തോന്നും പക്ഷെ സ്തുതി ഈ സത്സംഗത്തിൽ വരാനേ എന്താ സത്സംഗത്തിൽ വന്നാൽ സത്സംഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം വന്നു എവിടെയോ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം അങ്ങനെ സത്സംഗത്തിലേക്ക് നൊഴഞ്ഞു ഉള്ളില് ഋശിയുണ്ടായി പിന്നെ അടുത്ത ദിവസം രാവിലെ ലീവ് എടുത്തിട്ട് വന്നിരുന്നു അത്രേ കുറച്ച് കഴിഞ്ഞ് ഈ ഗോവ സ്ത്രീകൾ എന്തു പറയണു ജോലി രാജിവെച്ചു ജോലി രാജിവെച്ചാലും പോട്ടെ ഗൃഹ കുടുംബം ദീനം ഉത്സൃജ്യ ദീനാഹ വീട്ടുകാരിയെ ശ്രദ്ധയില്ല കുടുംബകാര്യെ ശ്രദ്ധയില്ല യാതൊന്നിലും ശ്രദ്ധയില്ലാതെ ആകാശത്തില് പറക്കുന്ന ഒരു പക്ഷിയെ പോലെ സ്വതന്ത്രനായിട്ട് ഭിക്ഷുചര്യാം ചരന്തി ഭിക്ഷുക്കളെ പോലെ ചരിക്കുന്നു നിന്ദാസ്തുതിയാണ് നിന്ദിക്കുന്ന പോലെ തോന്നും സ്തുതി എന്ന് വെച്ചാൽ സർവസ്വതന്ത്രരായിട്ട് തീർന്നു ഇത് പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഈ ഒരു നിസ്സംഗ ഭാവം വൈരാഗ്യം പ്രയത്നിച്ചാൽ ബഹളം കൂട്ടാനേ പറ്റുകയുള്ളൂ ഈ നിസ്സംഗത്വം എങ്ങനെ വന്നു സത്സംഗത്വേ നിസ്സംഗത്വം തനിയെ വിട്ടുപോയി ലോകകാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ആ മനസ്സിന് വല്ല വിഷമം ഉണ്ടെങ്കിൽ സ്വയമേവ സാധന ചെയ്തിട്ട് കാര്യമേ ഇല്ല ഏകാന്തത്തിൽ ഇതൊന്ന് ധ്യാനിക്കാനൊക്കെ പുറപ്പെട്ട ഇതിനെ ധ്യാനിച്ചുകൊണ്ടേരിക്കും ഈ പ്രശ്നത്തിനെ ചിന്തിച്ചു ആ സമയത്ത് ധ്യാനിക്കാനൊക്കെ പോയാൽ നല്ല ദേഷ്യമുള്ളപ്പോ മെഡിറ്റേഷൻ ചെയ്താൽ എന്തുണ്ടാവും ദേഷ്യത്തിനെയേ ധ്യാനിക്കും അല്ലെ ആ കോപത്തിനെ ധ്യാനിച്ചിട്ട് കോപം നല്ലവണ്ണം പെരുത്തു അതുകൊണ്ട് വളരെ പക്വമാവാത്ത സ്ഥിതിയിൽ യോഗ സാധനൊന്നും ഫലിക്കില്ല വളരെ പക്വ ഇയാൾക്ക് മനസ്സുമായിട്ട് എങ്ങനെ ഡീലിംഗ് നടത്തണം എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ മന്ത്രശാസ്ത്രം അറിയാത്ത ആള് കുട്ടിച്ചാത്തൻ സേവ തുടങ്ങിയ പോലെയാണ് അത് അവസാനം ഇയാള് ഇയാളെ അത് ബുദ്ധിമുട്ടിക്കും ഒരു വേദാളത്തെ പിടിച്ചു കഥയായിട്ട് തീരും ഈ മനസ്സുമായിട്ടുള്ള കൂട്ടുകെട്ട് അതാണ് ഈ യോഗ സാധനങ്ങളൊക്കെ പലപ്പോഴും അപകടമായിട്ട് തീരണത് നല്ല പക്വതയില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ സത്സംഗത്തില് സത്സംഗമാണ് സേഫ് ആയിട്ടുള്ള മാർഗം അവിടെ ഇരുന്നു നമ്മുടെ സത്സംഗം ഭാഗവത സപ്താഹം അത് മാത്രമല്ല ഞാൻ പറയണത് ജ്ഞാനികളുടെ സംഘം എവിടെങ്കിലും ഒക്കെ മഹാ എവിടെ ചെന്നാൽ സത്സംഗത്തിന് മറ്റൊരു ലക്ഷണം എവിടെ ചെല്ലുമ്പോ നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവുന്നുവോ മനസ്സടങ്ങുന്നുവോ അത് സത്സംഗം സീതാദേവി സുന്ദരകാന്ഡത്തില് ലങ്കയില് അശോകവനത്തില് ശിംശിപാവൃക്ഷുവട്ടിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ ദുഃഖത്തിലാണ് ആഞ്ജനേയസ്വാമി മുമ്പിൽ ചാടി നിക്കുന്നത് ഹനുമാനെ കണ്ടവടേ നമുക്ക് നല്ലൊരു ദുഃഖം വരുമ്പോ സന്തോഷമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും വിശ്വസിക്കാൻ പറ്റില്ല ഹനുമാനെ കണ്ടോ സീതയ്ക്ക് ആദ്യം തോന്നണത് രാക്ഷസന്മാരാരോ വേഷം കെട്ടി വന്നിരിക്കുന്നു എന്നാണ് എന്താ ലങ്കയിൽ കുരങ്ങന്മാരില്ല ആദ്യത്തെ അവതാരം ആന്റനേയസ്വാമിയാണ് ഇന്ത്യയിൽ വാസ്കോടകമ വന്ന പോലെ ലങ്കയിൽ പോയത് ആദ്യം ആദ്യമായിട്ട് അപ്പൊ സീതയ്ക്ക് വിശ്വസിക്കാനൊക്കണില്ല ദേവി പലവട്ടം പറഞ്ഞു ഇത് രാക്ഷസനാണ് പക്ഷെ എത്ര പറഞ്ഞാലും ആഞ്ജനേയ സ്വാമി മരത്തുനിന്ന് ചുവട്ടൽ ചാടി ഓരോ സ്റ്റെപ്പ് അടുത്തു വരുമ്പോഴും സീതാദേവിക്ക് മനസ്സ് ശാന്തമായിക്കൊണ്ടേയിരുന്നതാണ് ശോകം വിട്ടുപോയി ശോകം വിട്ടുപോയി ദുഃഖിക്കാൻ സാധിക്കുന്നില്ല അതാണ് സത്സംഗത്തിന്റെ ഫലമേ ദുഃഖിക്കണം എന്ന് വിചാരിച്ചാലും ദുഃഖിക്കാൻ സാധിക്കും മൃഗനാഥ് സ്വാമികൾ ഭഗവാൻ നമു മഹർഷിയെക്കുറിച്ച് അറുപതിനായിരം പാട്ടുകളുള്ളവഴ്യിട്ടുണ്ട് മൃഗനാഥസ്വാമികൾ ഒരു പാട്ടിൽ പറയണു എത്രയോ പ്രാവശ്യം എന്റെ ദുഃഖം അജ്ഞാനം വിഷമങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട് പക്ഷേ ഇരുട്ടിന് സൂര്യനെ കാണാൻ പോയ പോലെ ആയില്ല ഇരുട്ട് വിചാരിച്ചു ഇരുട്ടിനോട് ആരോ പറഞ്ഞു നീ പോയാൽ സൂര്യൻ വരും സൂര്യൻ വന്നാൽ നീ പോവും സൂര്യനെ ഒന്ന് കണ്ടിട്ട് പോവുമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ ഈ ഇരുട്ട് സൂര്യനെ കാണണം എന്ന് പറഞ്ഞ് അവിടെ നിന്നാൽ സൂര്യന്റെ മുമ്പിൽ അത് അപ്രത്യക്ഷമാവും അതുപോലെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ചെന്ന എന്റെ ശോകം ദുഃഖങ്ങൾ അജ്ഞാനവും ഒക്കെ അവതരിപ്പിക്കണമെന്ന് ധരിച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും ഇല്ലാതാവും പിന്നെ എങ്ങനെ അവതരിപ്പിക്കും അവതരിപ്പിക്കുന്ന ആളേ ഇല്ലാതാവും സത്സംഗത്തിന്റെ ബലമേ എന്താ നമ്മളുടെ പ്രയത്നം കൂടാതെ നമ്മളുടെ എഫേർട്ട് ഒന്നും കൂടാതെ തന്നെ സന്നിധിയിൽ എത്തുമ്പോൾ മനസ്സടങ്ങുന്നു ശാന്തമാവും ശാന്തമാവും ശാന്തമാവുമ്പോൾ മനസ്സടങ്ങിയാൽ എന്താ മനസ്സടങ്ങിയാൽ എവിടെ എന്തുണ്ട് നമ്മൾ വാസ്തവത്തിൽ എന്തുണ്ടോ അതുണ്ട് മനസ്സടങ്ങിയാൽ മനസ്സ് ഉദിക്കുന്ന സ്ഥാനത്ത് എവിടെ അടങ്ങും മനസ്സ് എവിടുന്ന് പൊന്തിയോ അവിടെ അടങ്ങും മനസ്സ് എവിടുന്നു പൊന്തി രാത്രി ദിവസം ഉറക്കത്തിൽ മനസ്സ് എവിടെയോ ചെന്ന് ലയിക്കുന്നു നേരം വെളിച്ചാവുമ്പോ അത് എവിടുന്നോ വന്നു പൊന്തിയ സ്ഥാനത്ത് ലയിക്കുന്നു ലയിക്കുന്ന സ്ഥാനത്തൊന്ന് പൊന്തു എവിടെ ലയിച്ചു രാത്രി ഉറക്കത്തില് ഒരു ഉത്തരമേ പറയാനൊക്കെയുള്ളൂ എന്നിൽ ലയിച്ചു എവിടുന്ന് പൊന്തി അപ്പൊ രാവിലെ എന്നില് പൊന്തി അപ്പൊ മനസ്സ് എവിടെയാ നിൽക്കുന്നത് എന്നില് മനസ് എന്നിൽ ഊദിക്കുന്നു എന്നിൽ നിൽക്കുന്നു എന്നിൽ ലയിക്കുന്നു ഞാൻ വാസ്തവമായ വസ്തു മനസ്സ് വാസ്തവമല്ലാത്ത വസ്തു മനസ്സിന് ഒരു ഉദയമുണ്ട് അസ്തമനോ ഉണ്ട് എനിക്ക് ഉദയവും ഇല്ല അസ്തമനവും ഇല്ല അതാണ് ചാക്കശ്ശേരി വട്ടയിൽ പറഞ്ഞ് സന്ധ്യവന്തം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സൂര്യൻ ഉദിച്ചിട്ടോ അസ്തമിച്ചിട്ടോ വണ്ടേ സന്ധ്യവന്തം കഴിക്കാനു ഉദിക്കണമില്ല അസ്തമിക്കണമില്ല എന്നാണ് ഹൃദാകാശേ ചിതാദിപ്യദാഭാതി നിരന്തരം ഉദയാസ്തമയോ നസ്ത കന്ധ്യാമുസ്മഹേ ഹൃദയമാവുന്ന ആകാശത്തില് ബോധമാവുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എങ്ങനെ സന്ധ്യാവരം കഴിക്കാനാണ് അസ്താഭാവവസ്തു സ്വരൂപം സ്ഥിതിത സലിലരാശിപ്രഖ്യം ആഖ്യാവിഹീനം ആചാര്യ സ്വാമികൾ പറയുന്നു അസ്തമിക്കാത്ത ഭാവവസ്തുവാണത് അതിന് അഭാവമില്ല സ്ഥിതിത സലിലരാശിപ്രഖ്യം അതില് അതിന്റെ സ്വരൂപം എന്താ അലയടിക്കുന്ന സമുദ്രം അല്ലെ സമുദ്രത്തിന്റെ സ്വഭാവം കണ്ടതാ സുനാമി അല അടിച്ചു വന്ന സമുദ്രം ഭയങ്കരമായി അലറി വന്ന സമുദ്രം ഒരു ക്ഷണനേരത്തിൽ നിശ്ചലമായ എങ്ങനെയുണ്ടാവും അതാണ് സ്തിമിത സലില രാശിപ്രഖ്യം എന്ന് പറയുന്നത് ശലിക്കുന്ന ഈ ശലില രാശി ശലി എന്താ സമുദ്രം स्मितल अब चितवृत्ति मन बुद्धि इश्चल निश्चलत्म मोहम्मद निर्मोहत् निश्चलत्व मोहम्मद नींगलता निश्चलताकाश നിശ്ചലതത്വം എന്ന് പറയാൻ നിശ്ചലതാത്വം നിശ്ചലതാത്വമാണ് അവിടെ ഉള്ളത് നമ്മളുടെ സ്വരൂപം നിശ്ചലതാത്വം ആണ് നിശ്ചലസ്ഥിതിയാണ് ചലിക്കുന്നത് നമ്മളുടെ സ്വരൂപമല്ല ചലിക്കുന്നത് മനസ്സ് ചലിക്കുന്നത് ശരീരം ശരീരം അനുസ്യൂതം ചലിച്ചു കൊണ്ടിരിക്കും ശരീരത്തിന് ഓരോ കോശവും ചലിച്ചുകൊണ്ടിരിക്കും ജനിച്ചത് ജനിക്കുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ ചലിച്ചു തുടങ്ങി ഒരു രാത്രി ഒരു ചെറിയ ഒരു കോശമായി തീരുന്നത് അഞ്ചു രാത്രികൾ കൊണ്ട് ഒരു കുമര പോലെയായി പത്ത് ദിവസം കൊണ്ട് ഒരു പഴം പോലെയായി മാസങ്ങൾ കൊണ്ട് അതിന് പതി പതുക്കെ ശിരസ് കയ്യെ കാലം ഒക്കെ തലമുടി വന്ന് നഖം വന്നു ജീവാനുപ്രവേശം ഉണ്ടായി ചലിച്ച് ചലിച്ച് ചലിച്ച് ചലിച്ചു വരിക ഓരോ കോശങ്ങൾ ജനിച്ചു കഴിഞ്ഞാലോ ഓരോന്നായി ചലിക്കും ഓരോ കോശങ്ങളായിട്ട് മാറും ആദ്യത്തെ ദിവസം നോക്കുമ്പോ പാട്ടിയെ പോലെയേ ഇരിക്കും കുഴിഞ്ഞാ നാലിനാട്ടി എത്ര വേഗം മാറരുത് ഇപ്പൊ താത്താവ് മാതിരി ഇരിക്കും അപ്പം പാട്ടെ അമ്മാവേയും അപ്പാവയും കൊഞ്ഞം മാറി മാറി മാറി മാറി വരും ഇല്ല ഓരോന്നായി മാറി വരുകയാണ് എന്താ ചലിക്കയാണ് ചലനം നടന്നുകൊണ്ടേയിരിക്കണം അതില് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ കോശങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അവസാനം ഓരോന്ന കുട്ടി കാണിച്ചാലോ ആരെത്താൻ കൊണ്ടുതോ അനുസ്യൂത ചലനമാണ് ചലിച്ചുകൊണ്ടേ ഇരിക്കുക യൂത്ത് ഫെസ്റ്റിവലില് ഫസ്റ്റ് വാങ്ങിയ എല്ലാരും ചൊല്ല എന്നെത്താൻ കൊണ്ടിരിക്കുന്നു അമ്മ അച്ഛൻ വിട്ടുകൊടുക്കു അച്ഛനും പറഞ്ഞു ചലനമാണ് ശരീരം അനുസ്യൂട്ട ചലനം ചലിച്ചുകൊണ്ടേ മാറിക്കൊണ്ടേയിരിക്കും ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്ചയത്തെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്നു പുറത്തോണ്ടാവുന്നു പരിണമിക്കുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു എത്ര വികാരങ്ങൾ അദ്ദേഹത്തിന് ചലനം മനസ്സോ അനുസ്യൂട്ടം ചലിക്ക ഇന്നലെ ഒന്ന് പറയും ഇന്നൊന്ന് പറയും നാളെ ഒന്ന് പറയും ഇന്നലെ പറഞ്ഞില്ലേ ചോദിച്ചാൽ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും ബുദ്ധി മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ കണ്ടുപിടുത്തങ്ങൾ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതൊക്കെ നിക്കുവോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോ ബുദ്ധി കൊണ്ട് ഒരാൾ ഒന്ന് കണ്ടുപിടിച്ച് കുറച്ചു കഴിയുമ്പോൾ വേറെ ഒരാള് ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കണത് ഇതിനെ നേരെ നിഷേധിക്കും അപ്പൊ അനുസ്യൂതം ബുദ്ധി ചലിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഈ ചലനങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാ നിശ്ചലമായ ഒരു അധിഷ്ഠാനത്തിലാണ് ഒരു സ്പന്ദനവുമില്ലാത്ത നിസ്പന്ദന നിർവികാരം ആകാശവൻ നിർമ്മല നിർവികൽപ്പം നിസ്സീമ നിസ്പന്ദന നിർവികാരം അന്തർബിശൂന്യം അനന്യം അദ്വയം സ്വയം പരം ബ്രഹ്മ കിമസ്തി ബൗദ്ധ്യം ബ്രഹ്മത്തിന്റെ ലക്ഷണം ആചാര്യസ്വാമികൾ പറയുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലേ അതിനെ ബ്രഹ്മം എന്ന് പറയാനൊക്കെ ഉള്ളൂ എന്നാണ് ആകാശപത് നിർമ്മലം ആകാശം പോലെ നിർമ്മലമായിട്ടുള്ളത് എന്നുവെച്ചാലോ അതിലിനി ഒരു മലവും ചേരാൻ പറ്റില്ല അതിൽ അതല്ലാതെ മറ്റൊരു വസ്തു നിൽക്കില്ല ലോകത്തിൽ ശകല വസ്തുക്കളും ആകാശമാണ് ശകല പദാർത്ഥങ്ങളും ആകാശമാണ് ഏ മണ്ണ് ജലവും ഒക്കെ ഉണ്ടല്ലോ ഉണ്ട് അതൊക്കെ എവിടെ നിൽക്കണു ആകാശത്തില് സ്പേസിൽ മണ്ണുണ്ടല്ലോ ആ മണ്ണ് പൊട്ടിച്ചു നോക്കൂ അതിനകത്ത് എന്തുകൊണ്ടോ സ്പേസ് ഏറ്റവും ചെറിയ തരിയാക്കൂ അതിനകത്ത് സ്പേസ് എല്ലാം അന്വേഷിച്ചു പോയാൽ അവസാനം സ്പേസിൽ ഒടുങ്ങും അപ്പൊ വാസ്തവത്തിൽ വായുവായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും ഭൂമിയായിട്ടും നിൽക്കുന്നത് ആകാശം തന്നെ അങ്ങനെ നോക്കുമ്പോ ആകാശത്തിൽ നിന്ന് അന്യമായി ആകാശത്തിൽ മറ്റൊരു വസ്തു ഇല്ല നമ്മുടെ അനുഭൂതി മണ്ഡലത്തിൽ ആകാശത്തിനെ പരമകാരണമായിട്ട് നമ്മളുടെ പുറമേക്ക് പറയാം അപ്പോ ആകാശത്തിന് ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞു ആകാശവത് നിർമ്മലം നിർവികൽപം അതിന് വികല്പത്തിന് സാധ്യതയേ അതിൽ അതല്ലാതെ മറ്റൊരു വസ്തുല്ല പിന്നെയോ എവിടെ അവസാനിക്കുന്നു ആകാശം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്പേസ് എവിടെ അവസാനിക്കുന്നു പുറമേക്ക് അന്വേഷിച്ചാലേ അന്വേഷിക്കുന്നത് തന്നെ വിഢിദ്ധമാണ് അല്ലേ സ്പേസിനെ എവിടെ അവസാനിക്കണു എന്ന് പറഞ്ഞാൽ എവിടെ പോയി അന്വേഷിക്കും സ്പേസിന് ആദ്യം എവിടെ സ്പേസിന് അന്തം എവിടെ സ്പേസ് എവിടെ തുടങ്ങി നിസ്സീമ അതിനൊരു സീമയില്ല സകല സ്പന്ദനങ്ങളും സ്പേസിൽ സ്പന്ദിച്ചു സ്പേസ് എവിടെ സ്പന്ദിക്കണു നിസ്പന്ദന നിർവികാരം വികാരങ്ങളൊന്നുമില്ല ആട്ടെ ഇനിയിപ്പോ അന്തർബിശൂന്യം ഇത് ഇസ് ഒരു സ്ഥിതി അതിന് ഉള്ളു പുറമൊന്നുമില്ല എന്നാണ് അന്തർബിശൂന്യം അത് എന്താണ് അനന്യം അന്യമല്ലാത്തത് എന്നാണ് എന്നുവെച്ചാലോ എന്നിൽ നിന്ന് അന്യമല്ലാത്ത വസ്തു ഞാൻ തന്നെ അത് ഞാൻ തന്നെ അത് എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തു ഇവിടെ ഇല്ല അതില് ആകാശം പോലെ നിർമ്മലം നിർവികൽപ്പം അതില് സീമയില്ല സ്പന്ദനമില്ല വികാരമില്ല അനന്യം അദ്വയം രണ്ടില്ല രണ്ടുണ്ടാവാൻ പറ്റുമോ രണ്ട് സ്പേസ് ഉണ്ടാവാൻ പറ്റുമോ പക്ഷെ അതിന് ഇൻഫിനിറ്റ് അല്ലാതായിട്ട് പോകും രണ്ട് ഇൻഫിനിറ്റ് ഉണ്ടാവാനേ പറ്റില്ല രണ്ട് ഇൻഫിനിറ്റ് ഉണ്ടായാൽ ഒന്നും ഒന്നിനെ ഫൈനേറ്റ് ആക്കും അപ്പൊ നിസ്സീമ നിസ്പന്ദന നിർവികാരം അന്തർബിഷൂന്യം അനന്യം അദ്വയം രണ്ടില്ല സ്വയം പരം ബ്രഹ്മിമസ്തി ബോധ്യം സ്വയം സ്വയം എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ മൂലസ്ഥാനം ഇപ്പൊ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ ഈ ഞാൻ എന്താണ് ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അതിന്റെ മൂലസ്ഥാനം ഉണ്മയായ സ്വരൂപം അഹം പദാർത്ഥം അഹമ്പതത്തിന്റെ പൊരുൾ അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ അഹം പൊരുളും തുടർന്നിടുന്നു അഹം പൊരുൾ വേറെ അഹന്ത വേറെ അഹന്ത ഉദിക്കുന്ന സ്ഥാനത്ത് അടങ്ങുമ്പോ അഹം പൊരുൾ തുടർന്ന് പ്രകാശിക്കുന്നു വിക്ഷിപ്തിയില്ലാത്ത അനുഭവം അതാണ് അഖണ്ഡ അനുഭവം എന്ന് അഖണ്ഡം എന്ന് വെച്ചാൽ അനന്തം എന്ന അർത്ഥത്തിലല്ല അവിഛിന്നാനുഭവം ശരീരത്തിന്റെ അനുഭവത്തിന് വിക്ഷിപ്തിയുണ്ട് സ്വപ്നത്തിൽ ശരീരത്തിനെ അനുഭവിക്കുന്നില്ല മനസ്സിന്റെ അനുഭവത്തിന് വിക്ഷിപ്പിയുണ്ട് സുഷുപ്തിയില് മനസ്സിനെ അനുഭവിക്കുന്നില്ല ശരീരവും മനസ്സും സുഷുപ്തിയിൽ വിട്ടുപോകുന്നു സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതത്തിലും വിച്ഛിന്നമാവാതെ ഉള്ള അനുഭവം ഞാനുണ്ട് എന്നുള്ള അനുഭവം അസ്തിത്വം പ്രകാശത്വം ബോധം ഉണർവ് അവബോധം ആ അവബോധമാണ് സത്ത് അവബോധ അവബോധത്തിനെ ശ്രദ്ധിക്കലാണ് സത്സംഗം അപ്പൊ സത്സംഗത്തിൽ നമ്മൾ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ ഞാനല്ലാത്തതായ ദേഹം മനസ്സ് ഇതൊക്കെ വിട്ടു എന്നിട്ട് യഥാർത്ഥമായ ഞാൻ എന്താണോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിത് സ്വരൂപമായി ആനന്ദസ്വരൂപമായി അവബോധ സ്വരൂപമായിട്ടുള്ള തന്നില് നിഷ്ഠയുണ്ടായി തുടങ്ങുമ്പോൾ നിർമ്മോ